ം അഞ്ച് പുരോഹിതന്മാരെ കേൾപ്പീൻ ഇസ്രേൽ ഗ്രഹമേ ചെവിക്കൊള്ളീൻ രാജഗ്രഹമേ ചെവി തരുവീൻ നിങ്ങൾ മിസ്ബയ്ക്ക് ഒരു കണിയും താപൂരിന്മേൽ വിരിച്ച വലയും ആയിത്തീർന്നിരിക്കു വരുന്നു മത്സരികൾ വഷളത്വത്തിൽ ആണ്ടുപോയിരിക്കുന്നു ഞാനോ അവർക്കേവർക്കും ഒരു ശാസകൻ ആകുന്നു ഞാൻ എഫ്രൈമിനെ അറിയുന്നു ഇസ്രയേൽ എനിക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല എഫ്രൈമെ നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു ഇസ്രയേൽ മലിനമായിരിക്കുന്നു അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി അവരുടെ പ്രവൃത്തികൾ സമ്മതിക്കുന്നില്ല പരസംഗമോഹം അവരുടെ ഉള്ളിൽ ഉണ്ട് അവർ യഹോവയെ അറിയുന്നതുമില്ല ഇസ്രയേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു അതുകൊണ്ട് ഇസ്രയേലും യഫ്രൈമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറിവീഴും യഹൂദയും അവരോടുകൂടെ ഇടറിവീഴും യഹോബയെ അന്വേഷിക്കേണ്ടതിന് അവർ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടുചെല്ലും എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല അവനവരെ വിട്ടുമാറിയിരിക്കുന്നു അവർ അന്യപുത്രന്മാരെ ജനിപ്പിച്ചിരിക്കഹോബയോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഒരു അമാവാസ്യ അവരെ അവരുടെ ഓഹരികളോടുകൂടെ തിന്നുകളയും ഗിബേയയിൽ കാഹളവും രാമയിൽ തൂര്യവും ഊതുവീൻ ബേത്താവനിൽ പോർവിളി കൂട്ടുവീൻ ബെന്യാമീനെ നിന്റെ പിറകെ വരുന്നു ശിക്ഷാ ദിവസത്തിൽ യഫ്രൈം ശൂന്യമാകും നിശ്ചയമുള്ളത് ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ റിയിച്ചിരിക്കുന്നു യഹൂദ പ്രഭുക്കന്മാർ അതിർമാറ്റുന്നവരെപ്പോലെ ആയിത്തീർന്നു അതുകൊണ്ട് ഞാൻ എന്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും എഫ്രൈമിന് മാനുഷ്യകൽപ്പന അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയതുകൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എഫ്രൈമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വവുമായിരിക്കും യും തന്റെ വ്യാധിയും യഹൂദ തന്റെ മുറിവും കണ്ടപ്പോൾ യഫ്രീം അശൂരിൽ ചെന്ന് യുദ്ധ തൽപ്പരനായ രാജാവിന്റെ അടുക്കൽ ആളയച്ചു എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറപ്പിപ്പാനും അവന് ഞാൻ എഫ്രൈമിന് ഒരു സിംഹം പോലെയും യഹൂദഗ്രഹത്തിന് ഒരു ബാലസിംഹം പോലെയും ഇരിക്കും ഞാൻ തന്നെ കടിച്ചുകീറി പൊയ്ക്കളയും ഞാൻ പിടിച്ചുകൊണ്ടുപോകും ആരും വിടുവിക്കുകയുമില്ല അവർ കുറ്റം ഏറ്റുപറഞ്ഞ് എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും